മനുഷ്യരെ തീർച്ചയായും നാം നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിനായി നിങ്ങളെ വിവിധ ജനതകളും ഗോത്രങ്ങളുമാക്കി അല്ലാഹുസുബഹാനഹുവലയുടെ അടുക്കൽ നിങ്ങളിലേറ്റവും ആദരണീയൻ നിങ്ങളിലേറ്റവും കൂടുതൽ ഭക്തിയുള്ളവനാണ് തീർച്ചയായും അല്ലാഹുസുബഹാനഹുവല എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാണ്